രാമായണത്തിൽ രണ്ട് ലക്ഷണോപദേശങ്ങളാണ് ഉള്ളത് ഒന്ന് അയോധ്യയിൽ വെച്ച് ശ്രീരാമൻ ലക്ഷണനെ ഉപദേശിക്കുന്നു അയോധ്യാകാണ്ടത്തിലാണത് മറ്റേത് പഞ്ചവടിയിൽ വെച്ച് ലക്ഷണനെ ഉപദേശിക്കുന്നു ആരണ്യകണ്ഡത്തിലാണ് അത് ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ലക്ഷണോപദേശങ്ങളാണ് അയോധ്യയിൽ കൈകയെ അഭിഷേകം മുടക്കി ശ്രീരാമൻ വനത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് കൗസല്യയും അത്യന്തം ദുഃഖാർത്തരായി നിൽക്കുന്നു ലക്ഷ്മണന് ഇത് തീരെ സഹിച്ചില്ല ലക്ഷ്മണൻ അത്യന്തം കോവാക്രാന്തനായി ജ്യേഷ്ഠൻ്റെ അഭിഷേകം ഞാൻ നടത്തിക്കും ആര് തടസ്സം നിന്നാലും ശരി അച്ഛനായാലും ശരി ആരായാലും ശരി അവരെയൊക്കെ ഞാൻ പിടിച്ചുകെട്ടി ജയിലിലാക്കിയിട്ട് അഭിഷേകം ഞാൻ നടത്തിക്കും എന്ന് വാശിയിൽ നിൽക്കുകയാണ് അത് കണ്ടിട്ട് ശ്രീരാമൻ ലക്ഷ്മണനെ അടുക്കൽ വിളിച്ച് ഉപദേശിക്കുന്നതാണ് അയോധ്യയിൽ വച്ചുള്ള ലക്ഷണോപദേശം ലക്ഷ്മണനെ അടുക്കലേക്ക് വിളിച്ചു ഭഗവാൻ പറഞ്ഞു കിടങ്ങി ക്ഷണോപദേശം പൂർണ്ണമായ ഒരു വേദാന്ത സാര സംഗ്രഹമാണ് നമ്മളിവിടെ പ്രതിപാദിച്ച മൂന്ന് സിദ്ധാന്തങ്ങളും ഈ ലക്ഷണോപദേശത്തിൽ ഭംഗിയായി രാമൻ പ്രതിപാദിക്കുന്നു ബ്രഹ്മസത്യം ജഗന് മിഥ്യ ജീവോ ബ്രഹ്മ ബ്രഹ്മമാണ് സത്യം പലതായി ഈ ജഗത്ത് മിഥ്യയാണ് ജീവൻ ബ്രഹ്മം തന്നെയാണ് ഈ മൂന്ന് സിദ്ധാന്തങ്ങളിൽ രാമൻ ആദ്യമായി വിവരിക്കുന്നത് ജഗന്മിഥ്യ സിദ്ധാന്തമാണ് ഈ ജഗത്ത് മിഥ്യയാണ് മിഥ്യയാണെന്ന് വെച്ചാൽ ഇല്ല ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചയാണ് മിഥ്യ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് മിഥ്യയാണ് വെള്ളമുണ്ടെന്ന് തോന്നുന്നു വാസ്തവത്തിൽ ഇല്ല ഒരു കയറിൽ സന്ധ്യാസമയത്ത് പാമ്പിനെ കാണുന്നത് മിഥ്യയാണ് പാമ്പുണ്ടെന്ന് തോന്നുന്നു പക്ഷെ വാസ്തവത്തിൽ പാമ്പില്ല വസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ മിഥ്യാദർശനം ഇല്ലാതാവും അതുവരെ വസ്തുവിനെ കണ്ടിട്ടുള്ളവർ യുക്തിയുക്തം ഇത് മിഥ്യാദർശനമാണ് എന്ന് പറഞ്ഞ മനസ്സിലാക്കിത്തരുന്നത് ഗ്രഹിക്കുക ആ സത്യം ഗ്രഹിച്ചുകൊണ്ട് വസ്തു ദർശനത്തിനായി ശ്രമിക്കുക ഈ രകത്തിൽ പലതു കാണുന്നത് മിഥ്യയാണ് ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു വസ്തു അഖണ്ഡബോധരൂപമായ ബ്രഹ്മം ആനന്ദസ്വരൂപമായ ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് സകലരുടെയും ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജഗത്തിൻ്റെ മിഥ്യാത്വമാണ് രാമൻ ആദ്യമായി ലക്ഷ്മണനെ വിവരിച്ച് കേൾപ്പിക്കുന്നത് ഹലോ ലക്ഷ്മണ ഇത്ര കോപാന്തനായിട്ട് കാര്യമൊന്നുമില്ല വത്സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുള്ള വാക്കുകൾ നിന്ന തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂർവവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കുന്നേ ആദ്യം ലക്ഷ്മണന്റെ ആത്മാർത്ഥതയെ അങ്ങേറ്റം സ്തുതിക്കുകയാണ് ഭഗവാൻ എന്നെ എനിക്ക് നല്ലപോലറിയാം എന്നോട് നിനക്ക് അത്യധികം സ്നേഹമാണ് അതുപോലെ നീ വിചാരിച്ചാൽ ഈ ലോകത്തൊന്നും നടക്കാത്തതായിട്ടില്ല അതും എനിക്കറിയാം എന്റെ അഭിഷേകം നടത്തണം എന്ന് നീ തീരുമാനിച്ചാൽ നടക്കും പക്ഷെ ഒന്ന് നീ ആലോചിക്കും ഞാൻ ചില കാര്യങ്ങൾ പറയാം ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധന്യധനാദിയും സത്യമെന്നാകിലേതൽപ്രയാസം ദവയുക്തം അതല്ല എങ്കിലെന്തതിനത്ഫലം ഈ നാലു വരികളാണ് ഏറ്റവും പ്രധാനം ലക്ഷണ ഈ ജഗത്ത് ഇല്ല മിഥ്യയാണ് അത് അങ്ങേയറ്റം യുക്തിയുക്തമായി രാമൻ പ്രതിപാദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ജഗത്ത് മിഥ്യയാകുന്നത് ഇത് ദൃശ്യമാണ് ഒരു കാഴ്ച ജഗത്തിന് മുഴുവൻ നമുക്ക് രണ്ടായി വിഭജിക്കാം ദൃക്കെന്നും ദൃശ്യമെന്നും കാഴ്ചക്കാരനെന്നും ആ കാഴ്ചക്കാരൻ കാണുന്ന കാഴ്ചകളെന്നും നമ്മളിപ്പോ ഒരു മേശയെ കാണുന്നു ഞാൻ മേശയെ കാണുന്നു രണ്ട് ഘടകങ്ങളുണ്ട് മേശയെ കാണുന്ന ഞാൻ ഞാൻ കാണുന്ന മേശ ഞാനാണ് കാണുന്നവൻ ദൃക്ക് ദൃക്കെന്നു വെച്ചാൽ കണ്ണ കാണുന്നവൻ ഞാൻ മേശയെ കാണുന്നു എന്നുള്ളിടത്ത് ഞാനാണ് ദൃക്ക് മേശദൃശ്യം കാഴ്ച ജഗത്തിലെ സകല അനുഭവങ്ങളെയും നമുക്ക് ഇങ്ങനെ രണ്ടായി വേർതിരിക്കാം നമ്മുടെ ുള്ളിലുള്ള അനുഭവങ്ങളെപ്പോലും രണ്ടായി വേർതിരിക്കാം വികാരങ്ങൾ ഞാൻ കോപിക്കുന്നു ഞാൻ കോപിക്കുന്നവൻ കോപമാണ് അതിൽ ദൃശ്യമാകുന്ന വസ്തു അപ്പോ കോപം ദൃശ്യം ഞാൻ ദൃക്ക് കോപിക്കുന്നവൻ ഇങ്ങനെ ഏതനുഭവം എടുത്ത് നോക്കിക്കൊള്ളുക അതിഗംഭീരമായി നിലനിൽപ്പിന്റെ രഹസ്യം നമുക്ക് ഈ രണ്ട് ഘടകങ്ങളിൽ ഒതുങ്ങുന്നതായി കാണാം ഇവിടെ ആകെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഏത് ശാസ്ത്രജ്ഞന്റെ ഏതനുഭവത്തെ വേണോ വിശകലനം ചെയ്ത് നോക്കിക്കൊള്ളുക കാഴ്ചയും കാഴ്ചക്കാരനും മൂന്നാമതൊരു വസ്തുല്ല ദൃഗൃശ്യവും ദ്വൗപദാർത്ഥവ്യവസ്ഥ പരസ്പരവിലക്ഷണവും ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേത്തി സർവവേദാന്ത ഇവിടെ രണ്ടേ രണ്ടു പദാർത്ഥങ്ങളെ ഉള്ളൂ ദൃഗ്ദൃശ്യവും ദൃക്കും ദൃശ്യവും ദ്വപദാർത്ഥവും രണ്ടേ രണ്ടു പദാർത്ഥങ്ങൾ പരസ്പരവിലും രണ്ടും പരസ്പരവിരുദ്ധങ്ങളാണ് ഒന്ന് പ്രകാശമെങ്കിൽ മറ്റേത് ഇരുട്ട് പ്രകാശം ദൃശ്യം ഇരുട്ടൽ ദൃക്ക് ബോധം ദൃശ്യം ജഡം ഇങ്ങനെ രണ്ട് പദാർത്ഥങ്ങളെ ഉള്ളു ഞാൻ കോപിക്കുന്നു ഞാൻ ബോധം കോപം ജഡം സൂക്ഷ്മജഡം മനസ്സിൻ്റെ വികാരങ്ങളെല്ലാം സൂക്ഷ്മജഡങ്ങളാണ് ഇതുപോലെ ഏതനുഭവത്തെ വേണോ വിശകലനം ചെയ്ത് നോക്കിക്കോളൂ ദൃക്ക് പ്രകാശം ദൃശ്യം പ്രകാശിപ്പിക്കപ്പെടുന്ന ജഡം ഇതിനെന്താ പ്രാധാന്യം ദൃക്ക് പ്രകാശിപ്പിച്ചെങ്കിലേ ദൃശ്യമുള്ളൂ അല്ലെങ്കിൽ ദൃശ്യം ഇല്ല ഞാൻ കോപിക്കുന്നു ഞാൻ കോപിച്ചില്ലെങ്കിൽ കോപമില്ല ോ കോപം പോയാൽ കുറെ കൂടെ തെളിഞ്ഞ് പ്രകാശിക്കുന്ന പ്രകാശം ദൃശ്യം പോയാൽ ദൃക്ക് കുറെ കൂടെ പ്രകാശിക്കും ദൃശ്യത്തിനോ ദൃക്കിനെ കൈവിട്ടാൽ നിലനിൽപ്പേയില്ല ഒരു ദൃക്കിന്റെ അകമ്പടി കൂടാതെ ഒരു ദൃശ്യവും ഈ ലോകത്ത് പ്രകാശിക്കുകയില്ല ശ്രീശങ്കരഭഗവത്പാദർ ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് ഈ ദൃഗ്ദൃശ്യ വിഭാഗത്തെ എടുത്തു കാണിച്ചു കൊണ്ടാണ് അവിടെ അദ്ദേഹം ഞാൻ നീ എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ദൃക് നീ ദൃശ്യം ഞാൻ ബോധം നീ ജഡം ഞാൻ വിഷയി നീ വിഷയം അതായത് ദൃശ്യം വിഷയം ഇത് രണ്ടും പ്രകാശവും ഇരുട്ടും പോലെ പരസ്പരവിരുദ്ധങ്ങളാണ് അതിനെന്താ ഇവ ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകാനോ ഇവ പരസ്പരം കൂടിച്ചേരാനോ ഒരിക്കലും സാധ്യമല്ല വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാവില്ല ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാവില്ല ഇരുട്ടും വെളിച്ചവും ഒരിക്കലും കൂടിച്ചേരുകയും ഇല്ല അങ്ങനെയാണെങ്കിൽ ദൃക്ക് കൈവിട്ടാൽ ദൃശ്യമില്ല ദൃശ്യം വിട്ടുപോയാൽ ദൃക്ക് കുറെൂടെ സ്പഷ്ടമായി പ്രകാശിക്കും ഇതുകൊണ്ട് തെളിയുന്നതെന്ത് ദൃശ്യം ദൃക്കിൽ അനുഭവപ്പെടുന്ന ഒരു താൽക്കാലിക ഭ്രമം മാത്രേയുള്ളൂ കയറിൽ പാമ്പിനെ കാണുന്നത് പോലെ ദൃക്ക് സ്വയം ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നു ഏ ദൃക്കെന്താ അങ്ങനെ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നത് അത് ഭ്രമിക്കുന്ന ആളുകൾ തന്നെ ചോദിച്ച് അതിന് പരിഹാരമുണ്ടാക്കണം അകപ്പെടുന്നു അതിന് വ്യക്തമായ യുക്തി പറയാനില്ല പക്ഷേ അനുഭവം അതിൻ്റെ പേരാണ് മായ മായ ഇന്ദ്രജാലം ദൃക്ക് അതിൻ്റെ ശക്തി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇന്ദ്രജാലത്തിൽ അകപ്പെട്ടു ഭ്രമം ഈ ദൃശ്യഭ്രമം ചുരുക്കത്തിൽ ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടു പദാർത്ഥങ്ങളേ ഉള്ളൂ ദൃഗഭ്രഹ്മ ബ്രഹ്മെന്ന് വെച്ചാൽ ബോധം അതാണുള്ളത് ദൃശ്യം മായ ഇല്ലാത്തത് ദൃഗ്ബ്രഹ്മ ദൃശ്യം മായയിൽ തീ ദൃശ്യം മായയാണ് ഈ വേദാന്ത ഡിണ്ടിമഹ ഇത് വച്ചും കൊണ്ടാണ് നമ്മിൽ തന്നെ ഞാൻ ഞാൻ ഉണ്ട് എന്നനുഭവപ്പെടുന്ന ആ ജീവബോധമാണ് ദൃക്ക് സത്യം ആ ജീവബോധമാണ് ജീവൻ അനുഭവിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും ദൃശ്യങ്ങളാണ് വെറും കാഴ്ചകൾ ഇല്ലാത്തവ ഇവിടെ പ്രപുഢാനുഭൂതി എന്ന പുസ്തകം ഇവിടെ ഉണ്ട് അതിലെ ആദ്യത്തെ ശ്ലോകം ശ്രീശങ്കരഭവത്പാദരും ഒരൊറ്റ ശ്ലോകം കൊണ്ട് വേദാന്തസാരം സംഗ്രഹിക്കുന്നു ഏകശ്ലോകി എൻ്റെ താത്പര്യം ഇത്രയേ ഉള്ളൂ ശിഷ്യൻ സത്യമന്വേഷിച്ചു ഗുരുവിൻ്റെ അടുത്ത് നിന്നും ഗുരു ചോദിച്ചു കുഞ്ഞേ നിനക്ക് ഈ ജഗത്തിനെ കാണാനുള്ള വെളിച്ചമെന്താണ് കിം ജ്യോതിസ്തവ ഒരു പ്രകാശം ഉണ്ടെങ്കിലല്ലേ ജഗത്തിനെയൊക്കെ അനുഭവിക്കാൻ പറ്റൂ ജഗത്തിന് അനുഭവിപ്പിക്കുന്ന പ്രകാശമെന്താണ് കിം ജ്യോതിസ്തവ ഭാനുമാനഹനുമയെ രാത്രവും പ്രദീപാധികം ശിഷ്യനുത്തരം പറഞ്ഞു പകല് സൂര്യനാണ് രാത്രി അഗ്നി ദീപം തുടങ്ങുള്ളവ സാദേവം രവിദീപ ദർശനവിധോക്കിം ജ്യോതി ഈ ദൃക്ക ദൃശ്യം അതിങ്ങനെ പിന്തുടർന്നാൽ പരിശോധിക്കുകയാണ് ആചാര്യസ്വാമികൾ ശരി സൂര്യനെയും അഗ്നിയെയും കാണാൻ നിനക്കെന്താണ് വെളിച്ചം ചക്ഷുഹു എൻ്റെ കണ്ണാണ് ഒക്കെ വളരെ സ്പഷ്ടം എൻ്റെ കണ്ണാണ് വെളിച്ചം ചക്ഷുഹു തസ്യനിമീലനാദിസമയേക്കും നീ കണ്ണടച്ചാലും ചില അനുഭവങ്ങൾ നിനക്കുണ്ടല്ലോ അത് എന്തു പ്രകാശത്തിലാണ് ആ അനുഭവങ്ങളൊക്കെ തസ്യനിമീലനാദിസമയക്കും ധീഹേ ബുദ്ധിയാണ് മനസ്സ് ബുദ്ധി മനസ്സ് അന്ധകരണം എന്നൊക്കെ പറയുന്നത് പര്യായ ശബ്ദങ്ങളാണ് കണ്ണടച്ചാൽ പിന്നെ അനുഭവത്തിന് ഉതകുന്ന വെളിച്ചം ബുദ്ധിയാണ് ിയോ ദർശനയക്കും വീണ്ടും ചോദ്യം ആ ബുദ്ധിയെ ദർശിക്കാൻ എന്താണ് വെളിച്ചം ധിയോദർശനെയ്ക്കും ഗുരു തത്രാഹം അവിടെ ഞാൻ ഞാനാണ് എൻ്റെ ബുദ്ധിയെ അഥവാ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് ധിയോദർശനെ തത്രാഹം ഗുരു പറഞ്ഞു അതോ ഭവാൻ പരമകം ജ്യോതിഹി അല്ലയോ ശിഷ്യ നിന്റെ ഉള്ളിലുള്ള ആ ഞാൻ ആ ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം തത് അസ്മിപ്രഭോ ശിഷ്യൻ സമ്മതിച്ചു തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം ഞാനിനെ പ്രകാശിക്കാൻ മറ്റൊരു വെളിച്ചം വേണോ വേണ്ട അതാണ് അതുവരെയുള്ള ബുദ്ധി വരെയുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കാൻ വേറെ വെളിച്ചം വേണം ആ വെളിച്ചം കൈവിട്ടാൽ അതുവരെയുള്ള ദൃശ്യങ്ങൾ ഇല്ല നേരെ മറിച്ച് ആലോചിച്ചു നോക്കുക ഞാനിനെ പ്രകാശിപ്പിക്കാൻ ഞാനുണ്ട് ബുദ്ധിയുണ്ട് എന്നാരറിയുന്നു ഞാനറിയുന്നു പക്ഷെ ഞാനുണ്ട് എന്നാരറിയുന്നു ഞാൻ തന്നെ എന്നെ ഞാൻ തന്നെ പ്രകാശിപ്പിക്കുന്നു ഇതാണ് സ്വയം പ്രകാശിക്കുന്ന സത്യം സ്വയം പ്രകാശിക്കുന്ന വസ്തു മാത്രമേ സത്യമാകൂ മറ്റൊന്നും സത്യമാവാൻ സാധ്യമല്ല അപ്പൊ നമ്മുടെയൊക്കെ ഈ ഞാൻ സ്വയം പ്രകാശിക്കുന്നു വാസ്തവത്തിൽ ഭാഗവതമൊക്കെ വായിച്ചാൽ അത്ഭുതമാണ് പലരും അത്തരം ശ്ലോകങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാറുമില്ല കൃഷ്ണൻ കുഞ്ഞായിട്ട് പ്രസവിച്ചു കിടക്കുകയാണ് വസുദേവൻ സ്തുതിക്കുകയാണ് എന്താ വസുദേവൻ സ്തുതിക്കുന്നത് വസുദേവൻ പറയുന്നു അലയോ ഭഗവൻ കൃഷ്ണ കൃഷ്ണ നിന്റെ രൂപം എന്റെ വെറും ഒരു ഭ്രമമാണ് വസുദേവന്റെ എന്താ കാര്യം ഈ രൂപത്തിൽ നീ കിടക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നില്ലെങ്കിൽ എനിക്ക് നീ ഇല്ല അറിയുന്ന ഞാനില്ലെങ്കിൽ എനിക്കും നീ ഇല്ല നീ ഇല്ലെങ്കിലും ഞാനുണ്ട് ആത്മനോ ദൃശ്യഗുണേഷു സന്മതി വ്യവസ്യത്തി സ്വ്യതിരേഖ അബുധ ഇത് വസുദേവൻ്റെ ശ്ലോകമാണ് ആത്മാവിൻ്റെ ദൃശ്യഗുണങ്ങളെല്ലാം ആത്മാവ് ഒരു ദൃശ്യരൂപം കൈക്കൊണ്ട് മുമ്പിൽ കിടക്കുന്നതാണ് കൃഷ്ണൻ ആ രൂപം അവിടെ ആ കൃഷ്ണന്റെ രൂപമാണ് കണക്കാക്കിയിരിക്കുന്നത് സ്വയം ആത്മാവ് ഒരു ദൃശ്യരൂപം കൈക്കൊണ്ട് കിടക്കുന്നു ആരുടെ മുമ്പിൽ വസുദേവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ദേവകിയുടെ മുമ്പിൽ വസുദേവനായാലും ശരി ദേവകിയായാലും ശരി ആ ദൃശ്യത്തെ അവരറിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ദൃശ്യമുള്ളൂ അവരറിയുന്നില്ലെങ്കിൽ ആ ദൃശ്യമില്ല ത്മനോ ദൃശ്യഗുണേഷു സന്മതിൽ വ്യവസ്യത്തി സുവ്യതിരേകത്തോ അബുധ അറിവില്ലാത്തവൻ തന്നെ മാറ്റി നിർത്തിയിട്ട് അതുണ്ടെന്ന് തീരുമാനിക്കുന്നു ഇപ്പോൾ വസുദേവൻ തന്നെ മാറ്റി നിർത്തിയിട്ട് തൻ്റെ മുമ്പിൽ കിടക്കുന്ന കൃഷ്ണരൂപം ഉണ്ടെന്ന് തെ തീരുമാനിച്ചാൽ അതങ്ങേ തെറ്റ് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും താൻ കണ്ടില്ലെങ്കിൽ ആ രൂപം ഇല്ലേയില്ല ഹേ മറ്റൊരാൾക്കുണ്ടല്ലോ അതായത് മറ്റൊരാളിലെ ദൃക്ക് അതിനെ അനുഭവിക്കണം എങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ആർക്കുമില്ല എവിടുന്നായാലും ഒരു ദൃക്ക് പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ അവതാര രൂപങ്ങളെന്ന് കണക്കാക്കുന്ന ദൃശ്യങ്ങൾ പോലും ഉള്ളതായിത്തീരൂ അവതാരമായാലും നാമരൂപങ്ങൾ ദൃശ്യങ്ങളാണ് അത് ദൃക്കിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകാശിക്കൂ വിനാനുവാദം ദൃക്ക് അനുവദിച്ചില്ലെങ്കിൽ അല്ലയോ ഭഗവൻ അങ്ങയുടെ ഈ രൂപം ദൃക്കാകുന്ന ഞാൻ ഉണ്ടെന്ന് അനുഭവിച്ചില്ലെങ്കിൽ ഇല്ല യാത്മനോ ദൃശ്യഗുണേഷു സമ്മതിം വ്യവസ്ഥിതി സ്വ്യതിരേഖത്തോ അബുധ വിനാനുവാദം നചതൻ മനീഷിതം സമ്യക് ദൃക്കിൻ്റെ അനുവാദം കൂടാതെ ആ ദൃശ്യം ഉണ്ടെന്നൊരു തൻ തീരുമാനിക്കുന്നെങ്കിൽ അതൊരിക്കലും ശരിയല്ല വിനാനുവാദം എന്നുവെച്ചാൽ തൻ മനീഷിതം സമ്യക് യഥ്യക്തമുപാദുമാൻ ഞാനില്ലെങ്കിൽ അതില്ല എന്ന് നേരത്തെ തീരുമാനിച്ച കാര്യം മറന്നിട്ടാണ് ഞാൻ കാണുന്നു എന്ന അനുഭവം മറന്നിട്ടാണ് കാണുന്ന വസ്തു പ്രത്യേകം ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് അതൊരിക്കലും ശരിയല്ല നോക്കണേ ഇതൊക്കെ ഭാഗവതത്തിൽ തന്നെ കൃഷ്ണന്റെ പിതാവായ വസുദേവൻ കൃഷ്ണസ്തുതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ എന്തിനു ഇവിടെ പറയുന്നു എന്ന് രാമൻ ഇവിടെ പ്രസ്താവിക്കുന്ന ആ ഹേതു ലക്ഷ്മണ ഈ ജഗത്തില്ല ഈ ജഗത്തില്ലെന്ന് വെച്ചാൽ വിസ്തരിച്ച് പറഞ്ഞാലോ നീ ഇല്ല ഞാനില്ല ദശരഥനില്ല കൗസല്യം ഇല്ല രാജ്യമില്ല ഒക്കെ വിസ്തരിച്ച് പറയാണ് രാമൻ എന്താ അവയൊക്കെ ദൃശ്യം പിന്നെ ഉള്ളത് ഏതാ ഒന്നാലോചിച്ചാൽ മതിയല്ലോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അനുഭവം ബോധത്തെ മാറ്റി നിർത്തു കൊണ്ടോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ നല്ലവണ്ണം ഇതാലോചിച്ചുറപ്പിക്കുക ഇത് നല്ലവണ്ണം ആലോചിച്ചുറപ്പിച്ചാൽ ഇവിടെ ഉള്ളത് ബോധം മാത്രം പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നതോ ദൃക്കിന്റെ ഒരു ഭ്രമം എന്തുകൊണ്ട് ദൃക്ക് കൈവിട്ടാൽ പ്രപഞ്ചം ഇല്ല ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം ചെയ്തതുൽപ്പന്ന പരാ നിർവണനിർവൃത്തി വാശിഷ്ടം പറയുന്നു ദൃശ്യം നാസ്തീതി ബോധയെല്ലാം ദൃശ്യം സ്വതന്ത്രമായിട്ടില്ല ദൃക്കിനോട് ചേർന്നിട്ടുണ്ടല്ലോ അത് ദൃക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഭ്രമം വെള്ളത്തിൽ നിന്നും ഭിന്നമായി പതയില്ല പക്ഷെ പതയുണ്ടെന്ന് തോന്നുന്നല്ലോ അത് തോന്നുന്നെങ്കിൽ ആ പതയും വെള്ളം തന്നെ വെള്ളത്തിൽ കൃത്രിമമായി തോന്നുന്ന ഒരു രൂപം വെള്ളത്തിൽ പത ബോധത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തോന്നൽ വാസ്തവത്തിൽ അത്ര പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല എന്തുകൊണ്ടെന്നോ വെള്ളം ചലിച്ച് പതയാവുകയാണ് ഇവിടെ സർവത്വ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധരൂപമായ ബ്രഹ്മത്തിന് ചലിക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ടാണ് ്രഹ്മത്തിൽ പ്രപഞ്ചം ഏതുപോലെ മരുഭൂമിയിൽ വെള്ളം കാണുമ്പോൾ മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് നോക്കിയാൽ വലിയൊരു സരസലയടിക്കുന്നു വിവേകാനന്ദ സ്വാമിക്ക് പോലും രാജസ്ഥാൻ ഡെസർട്ടിൽ നടന്നപ്പോൾ കുറച്ചു നേരം ആ ഭ്രമം തോന്നി അദ്ദേഹത്തിന് നല്ല ദാഹം രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അങ്ങ് അകല് നല്ല ശുദ്ധജലം അലയിട്ടിരുന്നു അദ്ദേഹം ആ വെള്ളം കുടിക്കാനായി കുറേ ദൂരം നടന്നു അപ്പോൾ വെള്ളം അകന്നകന്നു പോകുന്നു അപ്പോൾ അദ്ദേഹം കഷ്ടം ഞാൻ വേദാന്തത്തിൽ ഇത് എത്രയോ സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതല്ലേ മരുഭൂമിയിൽ കാണുന്ന വെള്ളം കാനൽ ജലമാണെന്ന് എന്നെപ്പോലും എന്നിട്ടും ഈ വെള്ളം ഭ്രമിപ്പിച്ചല്ലോ എന്നാൽ ഭ്രമം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അതല്ലേ ഈ പ്രപഞ്ചത്തിൽ കിടന്ന് ഗംഭീരന്മാർ പോലും പെടയുന്നു പക്ഷെ എന്താണ് പ്രപഞ്ചം എന്ന് ചിന്തിക്കുന്നില്ല ചിന്തിച്ചറിഞ്ഞിട്ടുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇവിടെ ഒരു പ്രപഞ്ചമില്ല ഇവിടെ ബാധാചാര്യർ പറയുന്നു പ്രപഞ്ചോ എതി വിദ്യേത നിവർത്തേതെന്ന സംശയ കുഞ്ഞെ നീ ഇപ്പോൾ ഒരു പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ നീ സത്യം അന്വേഷിക്കൂ സത്യം പിടികിട്ടിയാൽ പിന്നെ ഇവിടെ പ്രപഞ്ചമില്ല പ്രപഞ്ചോ യതി വിദ്യേത നിവർത്തയത ന സംശയ അക്കാര്യത്തിൽ സംശയമേവയല്ല മായാ മാത്രം ഇതും ഈ ദ്വൈതം ഇവിടെ രണ്ട് കാണുന്നത് യുക്തിക്കൊരിക്കലും നിരക്കില്ല രണ്ടുണ്ടെന്ന് തോന്നിയാൽ എവിടെ നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി ഒരു ചിന്തകനും പുറത്തു നിന്ന് അന്വേഷിച്ചൊരിക്കലും ഇതിനുത്തരം കണ്ടെത്താൻ സാധ്യമല്ല നമ്മുടെ ഋഷീശ്വരന്മാരന്വേഷിച്ചു അന്തർമുഖമായി അവരീ ദൃശ്യപരമ്പരെ മാറ്റി ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം അവർക്ക് ഈ ദൃശ്യത്തിൻ്റെ മാർജനം സമ്പന്നമായി ച ദൃശ്യമില്ല എന്നവർ പുറന്തള്ളി അതാണ് ഗൗഡബാദാചാര്യർ പറയുന്നത് ദൃശ്യം പ്രപഞ്ചോ എതി വിധേത നിവർത്തേത ന സംശയ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞെ നിവർത്തേത ന സംശയ യാതൊരു സംശയവും ഉണ്ട് പിന്നെ ഈ കാണുന്നത് ഗുരു ൃമിതം ദ്വൈതം ഈ ദ്വൈതം കാണുന്നത് വെറും മായ മായാ മാത്രമിതം ദ്വൈതം അദ്വൈതം പരമാർത്ഥത്ത അദ്വൈതം മാത്രമാണ് സത്യം അതാണ് ഇവിടെ രാമൻ ആ ഹേതുവാണ് എടുത്തു കാണിക്കുന്നത് രാമൻ ഇതെല്ലാം നല്ലവണ്ണം വസിഷ്ഠനിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ട് വന്നിരിക്കുന്നയാളാണ് അപ്പം നമുക്കും ദൃശ്യമില്ലെന്ന് തീരുമാനിച്ച് ദൃശ്യത്തെ മാറ്റി നിർത്തുക ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നതും അത് തന്നെ ഇവിടെ ഈശ്വരനെ ഉള്ളു തേന തെക്തേന ഭുജീഥ എന്നിട്ട് ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്താ രണ്ടാമതുണ്ടെന്ന് തോന്നുന്ന കാഴ്ചയെ ത്യജിക്കൂ അതാണ് എങ്ങനെ ത്യജിക്കാൻ പറ്റും അതും ദൃക്ക് തന്നെ എന്നുറപ്പിക്കൂ ഏകാന്തമായ ധ്യാനമവും യോഗപരിശീലനമവും ഒക്കെ ആവാം വിരോധമില്ലാ പക്ഷെ അതുകൊണ്ടൊന്നും അന്തിമമായി ഈ ദൃശ്യം മാറിത്തരില്ല അതുകൊണ്ട് എന്താ വേണ്ടത് അറിവുള്ളവർ പറഞ്ഞ് അതിൽ വിശ്വസിച്ച് നമ്മുടെ ഗുരുക്കന്മാർ അദ്വൈതമനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കൾ പറയുന്നത് വിശ്വസിച്ച് ധീരമായി അവരുടെ വാക്കുകൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക എന്താ സർവം ബ്രഹ്മമയം ബാക്കി അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കവെ തന്നെ വ്യവഹാരവേളയിൽ അടുക്കളയിലായാലും യുദ്ധക്കളത്തിലായാലും കാണുന്നതൊക്കെ ബ്രഹ്മം എന്നുറപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കുക ബ്രഹ്മചിന്ത കൊണ്ട് ഭേദചിന്ത അകറ്റി രാഗദ്വേഷങ്ങളെ ഉപേക്ഷിക്കുക ആരെ കണ്ടാലും ഏത് ശത്രുവിനെ കണ്ടാലും ബ്രഹ്മചിന്ത ഉറപ്പിക്കുക അപ്പൊ രാഗദ്വേഷം പോവും രാഗദ്വേഷം പോയാൽ നമ്മുടെ ഈ ജീവൻ നേരത്തെ കണ്ടില്ലേ പരമകം ജ്യോതിഷി ജ്യോതിസുകളുടെ ഒക്കെ ജ്യോതിസ്സായി വിളങ്ങുന്ന ഇഞ്ചാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധമായി വ്യവഹാരവേളയിൽ പോലും അനുഭവപ്പെടും പലതുണ്ടെന്ന് തോന്നിക്കോട്ടെ മരുഭൂമിയെ നല്ലവണ്ണം നോക്കി നടന്ന് അറിഞ്ഞ ഒരാളിന്ന് അയാൾ വീണ്ടും ദൂരെ നിന്ന് നോൾക്കുമ്പോൾ കാനൽ ജലം കണ്ടുവെന്ന് പക്ഷേ ആ കാനൽ പോലും അദ്ദേഹം മരുഭൂമിയായിത്തന്നെ കാണും കയറിനെ അടുത്തു ചെന്ന് കണ്ട ഒരാൾ ദൂരം നിന്ന് നോക്കുമ്പോൾ വീണ്ടും ആ കയറിൽ ഒരു പക്ഷേ പാമ്പിന്റെ ഭ്രമം തോന്നി എന്ന് വരാം പക്ഷേ അയാൾക്കാ തോന്നുന്ന പാമ്പ് കയറല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ ഈ രഹത്തിനെ എന്താ ഗീത പറയുന്നു വാസിഷ്ടം പറയുന്നു അയമേ വാഹമിത്യസ്മിൻ സങ്കോചേ വിലയങ്കത്തെ സമസ്തഭുവനവ്യാപി വിസ്താരുപജായത്തെ ഞാനീ കൊച്ചു ശരീരമാണ് ഇതാ ലക്ഷണോപദേശത്തിൽ ഇനിയും രാമൻ വിസ്തരിച്ച് പറയാൻ പോണു ഞാൻ ശരീരമല്ല ഞാനീ ജഡശരീരം ദൃശ്യം ജഡം ഞാനീ വെറും ജഡശരീരമാണെന്ന ഭ്രാന്ത് വെറും ഭ്രാന്ത് ആ ഭ്രമം ഒന്ന് മാറ്റി ഈ ലോകത്ത് കാണുന്ന സകല ജഡങ്ങളും ബ്രഹ്മമാണ് എന്നുറപ്പിച്ച് അഹന്തയെ ഒന്നൊഴിച്ചു മാറ്റാമെങ്കിൽ ആ ചുരുങ്ങലിന് അഖണ്ഡ ബോധം വെറും ജഡശരീരമാണെന്ന ചിന്തയിൽ ചുരുങ്ങിയിരിക്കുകയാണ് ആ ചുരുങ്ങലിന് ഒന്ന് മാറ്റാമെങ്കിൽ അയമേ വിവാഹമെത്യസ്മിൻ സങ്കോചേ വിലയങ്കത്തെ ആ സങ്കോചം ചുരുങ്ങൽ ഒന്ന് മാറാമെങ്കിൽ സമസ്ത ഭുവനവ്യാപി വിസ്താര ഉപജായത്തെ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദസ്വരൂപമായ ഒരു വസ്തുവിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ നിന്നും എവിടെയും വ്യാപിച്ച് അനുഭവിക്കാറുണ്ട് പക്ഷേ അതിനെന്താ വേണ്ടത് രാഗദ്വേഷം പോയി കിട്ടണം രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റിയിട്ടും ആ അനുഭവം കിട്ടുന്നില്ല എന്നാരെങ്കിലും പറയട്ടെ ഒരിക്കലും ഉണ്ടാവില്ല ആർക്കെങ്കിലും മനസ്സിനൊരു മൂടൽ ഉണ്ടെങ്കിൽ ഏത് ചക്രവർത്തിക്കായാലും ശരി അതിന് കാരണം എന്തോ പ്രത്യേക ഒരു ജഡവസ്തുവിനോട് ഒന്നുകിൽ ഉദ്യോഗത്തോട് ഉദ്യോഗമൊക്കെ ചിന്തസങ്കല്പം ജഡമാണേ അല്ലെങ്കിൽ പണത്തോട് പേരിനോട് പെരുമയോട് എന്തിനോടെങ്കിലും രാഗമോ എന്തിനോടെങ്കിലും ദ്വേഷമോ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ വല്ലായ്മ അനുഭവപ്പെടൂ രാഗദ്വേഷങ്ങൾ പോയാൽ അതോടെ തീർന്നു വല്ലായ്മ നമ്മൾ ഈ പച്ചമലയാളത്തിൽ പറയുന്ന വല്ലായ്മ പിന്നെ ശാന്തി മാത്രം ആനന്ദം മാത്രം ഇത് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല സംഗതിയൊക്കെ മനസ്സിലായി സാറ് പറയുന്നത് ശരിയാണ് ഇവിടെ ബോധമേ ഉള്ളൂ ബ്രഹ്മമേ ഉള്ളൂ ്രഹ്മമില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ബോധമില്ലയോ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം തന്നെ സ്വർണ്ണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ടു അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്നതൊക്കെ സ്വർണം തന്നെ സംശയമില്ല പക്ഷെ സാർ അതങ്ങോട്ട് ഉറപ്പിച്ചൊരു സുഖമനുഭവിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം ഇതുറപ്പ് വരുന്നില്ല രാഗദ്വേഷം എന്തൊക്കെയോ ഇനിയും വേണം വേണ്ട വേണം വേണ്ട വാസ്തവത്തിൽ രാഗദ്വേഷമൊന്നുമില്ലാതെ തന്നെ ഈ ലോകത്ത് യുദ്ധം വരെയുള്ള കർമ്മം സംഘമില്ലാതെ ചെയ്യാം എന്നാണ് കൃഷ്ണന്റെ സിദ്ധാന്തം യുദ്ധം വരെ നിസ്സംഗനായി സർവം ബ്രഹ്മമായ ഒരു നാടകത്തിൽ പോലെ രാമം പിള്ള രാവണവേഷം കിട്ടി കഥകളിൽ ഗംഭീരമായി അഭിനയിക്കുന്നു ചാട്ടം അലർച്ച ഒരു നിമിഷം പോലും ഞാൻ രാവണനാണ് എന്ന് ആ രാവണത്വമായി താതാത്മ്യം പ്രാപിക്കുന്നില്ല രാമൻപിള്ള താതാത്മ്യം പ്രാപിച്ചാൽ അതോടെ അഭിനയത്തിൻ്റെ സകല സുഖവും തീരും ആ താതാത്മ്യമില്ലാതെ അഭിനയിച്ചാൽ എന്താ വല്ല കുറവും വരുന്നോ ഗംഭീരം അപ്പോഴാണ് അഭിനയം ശരിക്കും ഗംഭീരമായി തീരുന്നതും ഈ ജഗത്ത് വെറും ഒരു ഇന്ദ്രജാലം നാടകം ഇതാ രാമൻ തീർത്തു പറയാൻ പോകുന്നു തീർത്തു പറയാൻ പോകുന്നു അപ്പോൾ ലക്ഷ്മണോപദേശം മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ഈ ഹേതു പലരും ഇത് വായിച്ചു പോകുന്നു എടോ ലക്ഷ്മണ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും രാജ്യം ദൃശ്യമാണ് ദേഹം ദൃശ്യമാണ് ദൃശ്യമാണോ ഇല്ല തീരുമാനിക്കൂ കുറെ കൂടെ യുക്തി ചിന്തിച്ച് സംശയം വരുമ്പോൾ യുക്തി ചിന്തിച്ചുറപ്പിക്കൂ എന്താ ദൃശ്യമാണ് ഞാൻ കണ്ടനുഭവിക്കുന്ന വസ്തു ആണോ ആ കണ്ടനുഭവിക്കുന്ന വസ്തു ഇല്ല ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ആ വസ്തു പോയാൽ ഞാൻ കുറെ സ്വതന്ത്രനായി ആ ദൃശ്യങ്ങളൊക്കെ എന്നെ വരിഞ്ഞ് കെട്ടിയിരിക്കുക വീട് കുടുംബം കുടുംബാംഗങ്ങൾ ശരീരം ഇതൊക്കെ എന്നെ വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ് വാസിഷ്ടത്തിൽ കുംഭൻ ശിഖിധ്വജനോട് ചോദിക്കുന്ന ചോദ്യം ഓർമ്മിക്കുക ശിഖിധ്വജൻ ചോദിക്കുന്നു അദ്ദേഹം കാട്ടിൽ പോയി തപസിയാണ് എന്നിട്ടും ബ്രഹ്മാനന്ദം കിട്ടുന്നില്ല ത്യാഗം കൊണ്ട് കിട്ടുന്നതാണല്ലോ ഞാനെല്ലാം ത്യച്ചല്ലോ എൻ്റെ രാജ്യം തിരിച്ചു ഖജനാവ് തിരിച്ചു ഭാര്യയെ ത്യജിച്ചു അപ്പോൾ ബ്രഹ്മചാരി ചോദിക്കുന്നതെന്താ രാജാവേ ഇതൊന്നും അങ്ങയുടെ അല്ലല്ലോ പിന്നെ അങ്ങെങ്ങനെ ത്യജിച്ചു എന്തെങ്കിലും അതില്ലാതാവും അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളില്ലാതാവും അപ്പോൾ പിന്നെ ആരുടെ ആരുടേത് ഇതീ പറയാൻ പോകുന്നു രാമൻ ഗംഭീരമായിട്ടുള്ളതൊക്കെ പറയാൻ പോകുന്നു അപ്പോൾ ഇതൊന്നും അങ്ങയുടേതല്ലല്ലോ അപ്പോൾ പിന്നെ എന്താണ് എന്നാൽ ഞാൻ എൻ്റെ ശരീരം തിരിച്ചുകളയാം രാജാവേ വിക്ഷിയാകരുത് ശരീരം അങ്ങയുടേതല്ലല്ലോ പിന്നെ അങ്ങനെ തിരിക്കും എന്നുവെച്ചാൽ ഈ ശരീരം ഇപ്പോൾ ഇവിടെ വിട്ടിട്ട് ഇട്ടിട്ട് പോണമെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോണം അങ്ങനെയുള്ള ശരീരം എങ്ങനെയാണ് അങ്ങയുടേതാകുന്നത് അപ്പോൾ പിന്നെ എന്താ എൻ്റേത് ഇതൊക്കെ എന്റേതാണെന്ന ചിത്തം സങ്കല്പം മനസ്സ് അതാണങ്ങ അതിനെ ഉപേക്ഷിച്ചു ചിത്തത്തെ ത്യജിക്കൂ ചിത്തത്യാഗം ഇതു സർവത്യാഗം ചിത്തത്തിന് ത്യജിക്കുന്നതാണ് സർവത്യാഗം ചിത്തത്തിനെ എങ്ങനെ ത്യജിക്കാൻ പറ്റും അത് ചിത്തമുൾപ്പെടെ സർവവും ബ്രഹ്മമാണെന്നുറപ്പിക്കുക വളയെ എങ്ങനെ ജയിക്കാൻ പറ്റും സ്വർണമാണെന്നുറപ്പിക്കുക വളയില്ല പിന്നെ വളയും സ്വർണം വളയുടെ രൂപം ഒരുപക്ഷെ കണ്ടോട്ടെ കണ്ടാൽ തന്നെയും അങ്ങനെ ഒരു വസ്തുവില്ല വള എന്നൊരു വസ്തുവില്ല സ്വർണമേ ഉള്ളൂ അതുകൊണ്ട് സർവം ഈശ്വരമയമെന്നുറപ്പിക്കുക ഈശാവസ്യമില്ല സർവം തേന തെക്തേനഭുങ്കീഥ നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് ജഗത്തിനെ ബ്രഹ്മമാക്കി മാറ്റി അനുഭവിക്കൂ നാമരൂപങ്ങളെങ്ങനെ തിരിക്കും ആ നാമരൂപങ്ങളെയും ബ്രഹ്മമായിട്ട് കാണൂ അത് അത് അത് ശരിയാണോ സാർ അത് നിങ്ങൾക്ക് നല്ല ബൗദ്ധമായെങ്കിൽ ഗുരുപദേശം കൊണ്ട് കാര്യം ബോധ്യമായെങ്കിൽ കയറിൽ കാണുന്ന പാമ്പിനെയും കയറായിട്ട് കാണൂ ഇനി എന്ത് പേടി ദൂരെ മാറി നിന്നപ്പോൾ വീണ്ടും പാമ്പാണെന്നൊരു തോന്നലേ അദ്ദേഹം പറഞ്ഞല്ലോ അവിടെ പാമ്പിൻ്റെ കണിക പോലും ഇല്ല അതുകൊണ്ട് ഇനി പേടിക്കാനേ ഇല്ല മരുഭൂമിയില കാനൽ ജലത്തെയും മരുഭൂമിയായി കാണൂ അതുപോലെ ഈ പ്രപഞ്ചത്തെയും ബ്രഹ്മമായി കാണൂ സർവം ബ്രഹ്മമയം രേരേ മഠയാ മഠയാ നമ്മുടെ സദാശിവ ബ്രഹ്മേന്ദ്രർ ആളുകളെ വിളിച്ച് പറയുകയാണ് രേ രേ സർവം ബ്രഹ്മമയം കിംഭോക്തവ്യം കിം അഭോക്തവ്യം സർവം ബ്രഹ്മമയം ഇത് ഈ തത്വം ശാസ്ത്രീയമായി ഗ്രഹിച്ചുകൊണ്ട് മനസ്സിനെ അല്പമൊന്ന് ശ്രദ്ധയോടെ ഉണർത്തി നിർത്താമെങ്കിൽ ഇത് കുറച്ചു കാലം അഭ്യസിച്ചാൽ പിന്നെ വിട്ടുപോകാതെ നമ്മെ പിന്തുടരും എന്തു കണ്ടാലും ആദ്യം തോന്നുന്നത് ബ്രഹ്മം പിന്നെ നാമരൂപം പിന്നെ കൈകാര്യം ചെയ്യാനുള്ള നാമരൂപം ഒരു വിരോധവുമില്ല ആദ്യം വള കണ്ടാൽ ആദ്യം സ്വർണം പിന്നെ അത് നമുക്കെടുത്ത് കയ്യിലിടാം അതുപോലെ ഈ പ്രപഞ്ചത്തെ ഗംഭീരമായി വ്യവഹരിക്കൂ പക്ഷേ സർവം ബ്രഹ്മമയം എന്ന ആ പരമശാസ്ത്രീയ സത്യം ഒരു നിമിഷം വിസ്മരിക്കരുത് നാരദനും മറ്റും നിമേഷാർത്ഥം ന തിഷന്തി വൃത്തിമയം വിനു ഇമാ ഖടപടാകാര പദാർത്ഥശതശക്തയസ് നിശ്ചയ സമ്യകീക്ഷണം ഈ ഖടപടാകാരശതശക്തയ കോളം വസ്ത്രം മണ്ണാങ്കട്ട അതാരങ്ങൾ അത് ഇത് എന്നിങ്ങനെ കാണപ്പെടുന്ന നൂറ് കണക്കിന് കാഴ്ചകൾ ബ്രഹ്മ ബ്രഹ്മം മാത്രം നാന്യസ്ഥി ലേശം പോലും മറ്റൊന്നില്ല ഇതിനിശ്ചയസമ്യകീക്ഷണം ഈ നിശ്ചയമാണ് ശരിയായ നിശ്ചയം നിശ്ചയോയോ ഹരാദീനാം ഹൃദിഷ്ടതി നിർമ്മല ഋഷീണം നാരദ്യാദീനാം പരമശിവൻ ഈ പ്രപഞ്ചം സംഹരിക്കുന്നത് ഈ നിശ്ചയത്തോടുകൂടിയാണ് സംഹരിക്കപ്പെടുന്ന സകല വസ്തുക്കളും ബ്രഹ്മം അതുകൊണ്ട് എന്തു ചെയ്യുന്നു ആനന്ദ നൃത്തം നടത്തിക്കൊണ്ടാണ് ശിവൻ പ്രപഞ്ചസംഹാരം നിർവഹിക്കുന്നത് എന്നാണ് പ്രപഞ്ചസംഹാരം നിർവഹിക്കുമ്പോൾ ആനന്ദ നൃത്തം എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് ഈ ഗംഭീരമായ ശാസ്ത്ര സത്യം കൂടുതലൊന്നും വേണ്ടല്ലോ ദൃക്ക് ദൃശ്യം സകല പ്രപഞ്ചത്തെയും രണ്ടായി തിരിക്കുക ദൃഗ്രഹ്മ ദൃശ്യം മായ ഇതി വേദാന്ത ഡിണ്ടി ഇത് വേദാന്തത്തിൻ്റെ പെരുമ്പ്രഘോഷം ഇതിനെ വെല്ലുവിളിക്കാനും ഇന്ന് വരെ ആരും ഉണ്ടായിട്ടില്ല ഇനി ഈ ലോകത്താരും ഉണ്ടാവാനും പോകുന്നില്ല സംശയമില്ല രാമനത് നല്ല ഉറപ്പുണ്ട് കണ്ടോ ഈ ലക്ഷണോപദേശവും മറ്റും വെറുതെ നമ്മൾ ആ നിന്നസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഇത് കേൾക്കുന്നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും ആ ദൃശ്യമായ അറിയ വെറും ദൃശ്യമായിട്ടുള്ള ഈ രാജ്യം ശരീരം എന്ന് പറഞ്ഞാൽ എന്താ ഇടാനിയാ നീയും ഞാനും ഒക്കെ വെറും ദൃശ്യം ഈ ശരീരമെന്ന നിലയിൽ നീയും ഞാനും സീതയും ദശരഥനും കൈകേയം നിനക്ക് കൈകേയമ്മോട് ഇത്ര ദേഷ്യം ഒന്നുമില്ല ഡേ കൈകേയമ്മയും ഒക്കെ വെറും ദൃശ്യം ഒന്നുമില്ല നീ ബഹളം കൂട്ടാൻ ഒന്നുമില്ല ദൃശ്യമായുള്ളോ ഒരു രാജ്യദേഹാദിയും എന്തിന് വിശ്വവും ഈ പ്രപഞ്ചം മുഴുവൻ ദൃശ്യം അതുകൊണ്ട് ഇല്ല മിഥ്യ ദൃശ്യമായുള്ളോ ഒരു രാജ്യദേഹാദിയും വിശ്വവും ശേഷധാന്യ ധനാധേയം ധാന്യം ധനം എന്നു വിചാരിച്ചൊന്നും ആർക്കും വിട്ടുകൊടുക്കുകയും മറ്റും വേണ്ട ഇവിടെ എന്താ വിട്ടുകൊടുക്കുന്നത് അച്ഛൻ ഭരതനെ രാജാവാക്കാൻ തീരുമാനിച്ചു എന്നെ കാട്ടിലേക്കാൻ തീരുമാനിച്ചു അച്ഛന്റെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു അല്ലാതെ ഞാൻ ഈ ഈ വെറും കാഴ്ച അച്ഛനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാഴ്ചയിൽ ഞാൻ തങ്ങി നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവും ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽപ്രയാസന്തപയുക്തം എടാനെയ ഇതൊക്കെ സത്യമാണെങ്കിൽ നീ ഈ കിടന്ന് ബഹളം കാണിച്ച് ഞാനിപ്പോൾ അച്ഛനെ ജയിലിലാക്കിക്കളിയും അച്ഛനെ ജയിലിലാക്കിക്കോ പക്ഷെ ജയിലിലാക്കുന്ന അച്ഛനുമില്ല ജയിലുമില്ല നീയുമില്ല ഞാനും ഇല്ല പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത് ന്യായമായിട്ടൊക്കെ വരുമ്പോൾ ഒരു നാടകത്തിലെന്നപോലെ നമുക്കത് കൈകാര്യം ചെയ്യാം ഒരു വിരോധമില്ല സത്യമെന്നാകിലേതൽ പ്രയാസം ഇവയുക്തം അല്ല എങ്കിലെന്തതിനത് ഫലം അങ്ങനെയല്ല ചേട്ടാ അങ്ങനെയല്ല ഈ രാജ്യം കിട്ടിയാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം കൊട്ടാരത്തിൽ താമസിക്കാം ഒട്ടേറെ ലോകഭോഗങ്ങൾ അനുഭവിക്കാം ഒന്നും സാരങ്ങളുടെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചലം ആ ഭോഗമൊക്കെ സൂക്ഷിച്ചനുഭവിച്ചില്ലെങ്കിൽ ജീവിതാവസാനം പൂർണ്ണ നരകത്തിൽ കൊണ്ടെത്തിക്കും ഈ രാജഭോഗങ്ങൾ വെറും ഭക്ഷണം സൂക്ഷിച്ചനുഭവിച്ചില്ലെങ്കിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഭക്ഷിക്കാനുള്ള ആഗ്രഹം വളരെ കടുപ്പം പക്ഷെ ഒന്നും ഭക്ഷിക്കാൻ നിവർത്തിയില്ല ചുറ്റുപാടുമെല്ലാം പാത്രങ്ങളിലങ്ങനെ നിറച്ച് രുചികരങ്ങളായ ഭക്ഷണങ്ങൾ പക്ഷെ ഒന്നും തൊടാൻ വയ്യ ആഗ്രഹമോ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഒരാൾ മരിക്കാൻ കിടക്കുന്നു ഒരാൾ ചെന്നപ്പോൾ പറയുകയാണെങ്കിലും തീരെ രോഗിയായിട്ട് കിടക്കുക സ്നേഹിതായെനിക്കിനി ആ തൈർ ഇനി എന്ന് കഴിക്കാൻ പറ്റും ഞാൻ ഇഷ്ടംപോലെ കഴിച്ചെനിക്ക് ഇനിയും അതിൻ്റെ ആശയ ഒട്ടും തീർന്നിട്ടില്ല ഇനി എന്നാണ് കഴിക്കാൻ തുടക്കുക അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തോട് മരിക്കാൻ സമയത്ത് നാരായണനെ ചിന്തിച്ചുകൊണ്ട് മരിക്കാൻ പറയണം മരിക്കണം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും സാധിക്കില്ല അദ്ദേഹം തൈർസാദത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെ മരിക്കും യാതൊരു നേരം പോക്കൊന്നും അല്ലിത് തൈർ സാദം ഞാൻ പറയുന്നത് അതുപോലുള്ള ലോകസുഖങ്ങൾ ഒക്കെ ക്ഷണപ്രഭ ചഞ്ചലൻ അനുഭവിക്കുമ്പോൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അനുഭവിക്കുന്ന നിമിഷം അത് തീരുന്നു അതിൻ്റെ മേന്മയെല്ലാം തീരുന്നു പക്ഷേ മറ്റൊരു വലിയ ദുരിതം അതുണ്ടാക്കുന്നു അനുഭവിക്കുമോറും പോരാ അത് വീണ്ടും അനുഭവിക്കണമെന്നുള്ള ഉത്കൃമായ ആഗ്രഹം ന കാമ കാമാനം ഉപഭോഗയനശാമ്യതി ഹവിഷ കൃഷ്ണവർമേയവ ഭൂയവ അഭിവർദ്ധത്തെ ഇതാണ് ഭാരതീയ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിലുള്ള അങ്ങേറ്റത്തെ വ്യത്യാസം പാശ്ചാത്യ ചിന്തകന്മാർ ചിലർ ഫ്രൈഡിനെ പോലുള്ളവർ ചിലർ പറയുന്നു എന്ന് കേട്ടിട്ടുണ്ട് അനുഭവിച്ചു തീർക്കൂ കാമങ്ങളൊക്കെ എന്തു വിക്ഷിത്തമാണ് അനുഭവിക്കും തോറും ഹവിഷ കൃഷ്ണവർമേവ നെയ്യൊഴിച്ച് തീ കെടുത്തുന്നത് പോലെയാണെന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് നിങ്ങളൊരു കാമം അനുഭവിച്ചു തീർക്കുന്നു നെയ്യൊഴിക്കുമ്പോൾ അഗ്നി കെട്ടതുപോലെ തോന്നും അല്പം കഴിയുമ്പോൾ പണ്ടത്തേതിലും ശക്തമായി പടർന്ന് പറ്റും അതുപോലാണ് തത്വബോധം ഇല്ലാതെ അനുഭവിക്കൂ പക്ഷെ എന്തുണ്ടതിൽ അതുകൂടെ ഓർമ്മിക്കണം രാമനെപ്പോലെ തത്വബോധം ഉൾക്കൊള്ളു ക്ഷണപ്രഭാ ചഞ്ചലം വെറും മിന്നൽപ്പിണർ പോലെ പ്രകാശിക്കുന്നു ഇല്ലാതാവും സകല സുഖങ്ങളും വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ചക്രവർത്തിമാരുടെ സുഖങ്ങൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ചരിത്രം വായിച്ചാൽ എത്രയോ ചക്രവർത്തിമാരെ ഒടുവിൽ മക്കൾ പിടിച്ച് ജയിലിലിടുകയാണ് ആ ജയിലിൽ കിടക്കുമ്പോൾ താൻ അനുഭവിച്ച കൊട്ടാരത്തിലെ സുഖം മറക്കാൻ അയാൾക്ക് കഴിയുമോ എങ്കിലയാൾ ബ്രഹ്മനിഷ്ഠൻ നേരെമറിച്ച് കണ്ണുനീറുവാർക്കുകയാണ് അവിടെ കിടന്നു കഷ്ടം ഞാൻ ഇന്നല്ലോ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചവൻ ഇന്നെനിക്ക് ഈ വന്നല്ലോ അതല്ലേ ഒരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ മുസ്ലിം ഭരണകാലത്ത് അച്ഛനെ മകൻ പിടിച്ച് ആഗ്ര ജയിലിൽ അടച്ചു അദ്ദേഹം ദാഹിച്ചു വെള്ളം ചോദിച്ചു മകനും മറ്റും അവിടെ അച്ഛനും ഇല്ല ഒന്നുമില്ല ചെളി കലക്കിയ വെള്ളം കൊടുത്തയച്ചു എന്നാണ് അച്ഛന് കുടിക്കാൻ ഇതൊരു ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുകയാണ് നേരെ മറിച്ച് അച്ഛനോ കണ്ണുനീർ വാർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചു കുടിക്കാതെ നിവർത്തിയില്ല മരിച്ചു പോകും എന്തുകൊണ്ട് കണ്ണുനീർ വാർത്തു റഞ്െളിഞ്ഞ ജലം നിറഞ്ഞൊഴുകുന്ന യമുനാനദിയുടെ കരയിൽ എനിക്ക് ചെളികലക്കിയ വെള്ളം കുടിക്കാനിടയായല്ലോ എന്ന് ചിന്തിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹം അത് കുടിച്ചു നേരെ മറിച്ച് നമ്മളത് ഒരു സീസണിന് പറ്റുവാണെങ്കിൽ സന്തോഷം സന്തോഷം യമുനാജലത്തേക്കാൾ രുചികരം ഈ വെള്ളം യമുനാജലത്തേക്കാൾ ഒരു വിരം ഞാൻ കണ്ടിട്ടുണ്ട് ഗംഭീരന്മാരായ ചിലർ മരിക്കാൻ കിടക്കുന്നു ശബ്ദിക്കാൻ വയ്യ കണ്ണുനീരി ഇങ്ങനെ ഒഴുകുന്നു എന്താ കാര്യം ഇന്നലെ താൻ അനുഭവിച്ച സുഖങ്ങൾ ഇന്നെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് സുഖമനുഭവിക്കുന്നതിനൊന്നും തെറ്റില്ല തത്വബോധത്തോടുകൂടി അനുഭവിക്കുക അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തീർക്കുക യജ്ഞം കൃഷ്ണൻ പറയുന്ന യജ്ഞം പാൽപ്പായസം കിട്ടിയാൽ കുടിക്കുക തീർന്നു നാളെ വേണോ വേണ്ടേ വേണ്ട വേണമെന്നുമില്ല കിട്ടിയാൽ കുടിക്കാം കിട്ടിയില്ലെങ്കിലോ അതിനേക്കാൾ സന്തോഷം മനസ്സിനെ ആ നിലയിൽ മരുക്കിയെടുക്കാൻ ബ്രഹ്മബോധത്തിന് അത്ഭുതമായ കഴിവുണ്ട് എന്തെന്നോ പാൽപ്പായസം കുടിച്ചാലും ഇല്ലെങ്കിലും പരമസുഖം പരമസുഖം യാതൊരു സംശയവുമില്ല അലോ ലക്ഷണ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാതഞ്ചെല്ലം വേഗേനെ നഷ്ടമായി സുവർക്കനി അതാണേ അതിലൊക്കെ നമ്മളിപ്പോൾ ദിവസേന പത്രമെടുത്ത് നോക്കുക എത്ര ചെറുപ്പക്കാർ എത്ര മധ്യവയസ്കന്മാർ അവിചാരിതമായി പല കാരണങ്ങളാൽ മരിക്കുന്നു ഇന്നത്തെ പ്രപഞ്ചത്തിൽ അവർക്കൊക്കെ അനുഭവമൊക്കെ മതിയായിട്ടാണോ മരിക്കുന്നത് അതാണ് ജീവിതം ഈ ജീവിതം വേഗേന നഷ്ടമാ ആയുസ് മൂർക്കനി ആയുസ് എന്ന് പറയുന്ന ഏത് നിമിഷവും ആരുടെ ആയുസും ഏത് ഗംഭീരൻ്റെ ആയുസും ഏത് നിമിഷവും വിട്ടുപോകാം നളിനീതിളകത ജലമതി തരളം തദ്വത് ജീവിതമതിശയ ചലം ഫലഗോവിന്ദം പ്രൗഢാനുഭൂതിയിൽ മുഴുവൻ പദ്യങ്ങളും വിവരിച്ചിട്ടുണ്ട് ഒക്കെ വാങ്ങിച്ചു വായിച്ചു നോക്കുക താമരയിലേ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളി പോലെ നിസ്സാരമാണ് ഈ ജീവിതം നളിനി ഇതളഗതജലം അതി തരളം ജീവിതം അതിശയച്ഛലം ഇതൊക്കെ ഒരു ഒരു കവിതയ്ക്കോ സാഹിത്യ ഭംഗിക്കോ വേണ്ടി മാത്രം പഠിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തുകൊണ്ടൊരു വിശേഷവും ഇല്ല ഈ ബ്രഹ്മചിന്തയോടൊപ്പം രാഗദ്വേഷങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ നടപ്പാക്കണം ആചാര്യസ്വാമികൾ പറയുന്നു വിദ്യ വിവ്യാപ്തി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഇന്ന് പത്രമെടുത്ത് വായിക്കുകയോ ഇല്ലെങ്കിൽ അടുത്തുള്ള വീടുകളുടെ സ്ഥിതി പരിശോധിച്ച് ചെയ്യുക എല്ലാ സൗഭാഗ്യവുമുണ്ട് പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അഭിമാനം ദുരഭിമാനം രാഭകൾ വീടുകളിൽ കലഹവും അസ്വസ്ഥതയിരുന്നു അവിടെ പിന്നെ എത്ര ക്ഷീരമായ ഭക്ഷണമുണ്ടായാലെന്താ അത്യന്തം മൃദുവായ കിടക്ക ഉണ്ടായാലെന്താ പലരും കിടക്കകളിൽ കമന്ന് കിടന്ന് കണ്ണുനീർ വാർക്കുകയാണ് അല്ല ഒന്നാം തരം കിടക്കാതെ പക്ഷെ കണ്ണുനീർ വാർക്കാനാണ് ഏ സി മുറി ഇരുന്ന് കണ്ണുനീർ ഒഴുക്കാനാണ് അല്ല നല്ല ആനന്ദമുണ്ടെങ്കിൽ കുടിലിൽ താമസിച്ചാൽ മതി എ സി മുറിയിൽ വേണമെങ്കിലും താമസിക്കാം ഒരു ദോഷവുമില്ല വേഗേനഷ്ടമാർക്കി വന്നി സന്തപ്ത ലോഹസ്താംബുബിന്ദുനാസന്നിഭം മർത്യജന്മം ക്ഷണഭുരം ഇതൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവും വെള്ളച്ചങ്ങനെ ഇരിക്കുന്ന ഒരിമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളത്തിന് എന്തുമാത്രം ആയുസ് ഉണ്ടാവും അത്രയൊക്കെ ഉള്ളു മനുഷ്യജീവിതത്തിനും ലക്ഷ്മണ അതുകൊണ്ട് ഇനി ഈ ബഹളമൊന്നും കൂട്ടിയിട്ടൊരു കാര്യവുമില്ല എന്നുവെച്ചാൽ ആർക്കും എന്തിനും വഴങ്ങി കൊടുക്കണമെന്നൊന്നുമല്ല ഇതിനർത്ഥം എവിടെ ബഹളം കൂട്ടണം എവിടെ വഴങ്ങണം എന്നൊക്കെ തത്ത്വബോധമുള്ള ഒരാളിൻ്റെ ഹൃദയം വ്യക്തമായി കാട്ടിക്കൊടുക്കും അല്ലാതെ രാമൻ ഒരു ഭീരുവിനെ പോലെ എന്തിനും വഴങ്ങി കാട്ടിൽ പോവുകയല്ല ചെയ്യുന്നത് അത്രയേ ഉള്ളൂ തിളച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം ദിവസവും പത്രത്തിൽ കാണാം അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരുന്നു കുഴഞ്ഞു വീണ് മരിച്ചു മുൻ നിമിഷം വരെ യാതൊരു അസുഖവും ഇല്ലായിരുന്നു എന്താ എന്താന്ന് വെച്ചാൽ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ടെൻഷൻ ടെൻഷൻ അതാണിന്ന് ഇത്തരം അസുഖങ്ങൾക്കും കൊഴിഞ്ഞു വീണ് മരിക്കലും ഒക്കെ കാരണം ഒരു നിമിഷം ഈ വ്യവഹാരതലത്തിൽ മനുഷ്യന് സ്വസ്ഥതയില്ല ഒരു ഭരണാധികാരിക്കുമില്ല എന്താ അതൊക്കെ നിങ്ങൾ പത്രം വായിക്കുന്ന നിങ്ങളോട് ഞാൻ പറയണമെന്നില്ലല്ലോ ഇതൊക്കെ ഈ ജഗത്തിൻ്റെ ഇല്ലായ്മ ജഗത്തില്ല മിഥ്യ ബ്രഹ്മസത്യം ജഗന് മിഥ്യ കുറച്ചുകൂടെ ഉണ്ട് ആ ഭാഗം നമ്മൾ നാളെ അത് അത് കുറച്ചുകൂടെ വേഗം വായിച്ചു പോകും ഈ ജഗന് മിഥ്യാത്വം വായിച്ചിട്ട് അത് കഴിഞ്ഞാൽ ജീവോ ബ്രഹ്മയോ എന്ന ഭാഗമാണ് അടുത്ത് ശ്രീരാമൻ ലക്ഷ്മണന് വിവരിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ നാളെ എടുക്കും ഇത്രയൊക്കെ മതി നല്ലവണ്ണം ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് രാമായണത്തിലെ ഈ അയോധ്യകാണ്ടത്തിലെ ലക്ഷ്മണോപദേശം മാത്രം വായിച്ചാൽ സകല വേദാന്ത തത്വവും അനുഭവിച്ചറിയാൻ ഒരു പ്രയാസമുണ്ടാവില്ല സാക്ഷാൽ രാമദേവൻ അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം